അദ്ദേഹം പറഞ്ഞു അല്ലാ നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾക്കൊരു കാര്യം തോന്നിപ്പിച്ചു അതിനാൽ മനോഹരമായ ക്ഷമയാണുചിതം അള്ളാഹു സുബാനഹുവായ അവരെയെല്ലാം ഒരുമിച്ച് എൻറെ അടുക്കൽ എത്തിച്ചേർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും അവനെല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്